അള്ളാഹു സുബാനഹുവാല മേഘങ്ങളെ ചലിപ്പിക്കുകയും പിന്നീടവയെ കൂട്ടിയിണക്കുകയും പിന്നീടവയെ സ്തൂപങ്ങൾ പോലെയാക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ അതിനിടയിൽ നിന്ന് മഴത്തുള്ളികൾ പുറത്തുവരുന്നത് നിങ്ങൾ കാണുന്നു ആകാശത്തുനിന്ന് അദ്ദേഹം മഞ്ഞുതുള്ളികൾ നിറഞ്ഞ മലകൾ ഇറക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുകയും താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് മാറ്റുകയും ചെയ്യുന്നു അതിൻറെ മിന്നലിന്റെ പ്രകാശം കാഴ്ചകളെ കൊണ്ടുപോകാൻ തുടങ്ങുന്നു